ഓരോ സമുദായത്തിനും അവർച് ഏയ് ചറകിഴുക്കുന്ന ഒരു ആരാധനാക്രമം നാം നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ അവർ നിന്നോട് തർക്കിക്കരുത് നീ നിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിക്കുക തീർച്ചയായും നീ നേരായ മാർഗത്തിലാണ്